നിങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരെയും തങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു അച്ചാല നന്നായി അറിയുന്നു അവർ യുദ്ധത്തിന് വരുന്നത് വളരെ കുറച്ചു മാത്രമായിരിക്കും